Amen. പത്തതി <laughs> പ്രിത <laughs> <laughs> ണ പ്രഥമത്രം വാച മീമാം വേ ോത്രം കവ ദോ യുനി സ്വവ്യാപാരം രണ്ടു കാര്യങ്ങളെ കുറിച്ചാണ് ചോദ്യം മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു പ്രാണൻ എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിന്റെ പ്രവർത്തന വിശേഷങ്ങളോ അല്ലെങ്കിൽ പ്രാണന്റെ പ്രവർത്തന വിശേഷങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ല ചോദിക്കുന്നു പ്രവർത്തന രീതികളെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ല അതിന് പിന്നിലുള്ള എന്താണ് മനസ്സിന്റെയും പ്രാണന്റെയും പ്രവൃത്തിക്ക് പിന്നിലുള്ള എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ചോദിക്കുന്ന ആളിനും മനസ്സിന്റെയും പ്രാണന്റെയും പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കും മുമ്പ് പറഞ്ഞല്ലോ വിത്പന്നനായ ഒരു ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ശരിക്കും ബോധമുള്ള ഒരുവനാണ് ചോദിക്കുന്നത് അതൊക്കറിയാം മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു പ്രാണൻ എങ്ങനെ പ്രവർത്തിക്കുന്നു അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെയാണ് അത് ചോദിച്ചു മനസ്സിലാക്കേണ്ട കാര്യമില്ല മനസിലാക്കേണ്ടത് എന്തൊന്നിന്റെ സാന്നിധ്യത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പക്ഷെ നമ്മൾ ചർച്ച ചെയ്തപ്പോ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രാണന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ചർച്ച ചെയ്തു നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയും അറിയാൻ വേണ്ടിയാണ് മനനത്തിന്റെ രീതി തന്നെ അതാണ് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോകും പ്രത്യക്ഷമായ വിഷയങ്ങളിൽ നിന്നും അതീന്ദ്രിയമായ വിഷയങ്ങളിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തത് മനസിന്റെ പ്രവർത്തനം എന്തെന്നറിയാതെ ആ പ്രവർത്തനങ്ങൾക്ക് എന്താണ് കാരണമായിരിക്കുന്നു എന്ന് ചോദിക്കുന്ന അർത്ഥം പ്രാണന്റെ പ്രവർത്തനം അറിയാതെ അതറിഞ്ഞതുപോലെ ആ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് കാരണം എന്താണ് എന്നു ചോദിക്കുന്നതിനും ഇനി കഴമ്പില്ല അപ്പൊ ഇത് രണ്ടു അറിഞ്ഞിരിക്കും മനസ്സിന്റെയും പ്രാണന്റെയും പ്രവർത്തനം അതുകൊണ്ടാണത് ഇതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിച്ചത് അത്രയെങ്കിലും നമ്മൾ ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും മറ്റുപനിഷത് ഭാഗങ്ങളിലും മറ്റും ഈ വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നു ൾ കൂടുതലും ദൃഗധാരണത്തിനും ചാന്തൂക്ക്യത്തിലൊക്കെ വരുന്നുണ്ട് മനയൈവ പ്രാണ പ്രാണയവ മന ശ്രുതി തന്നെ പറയുന്നു മനസ്സ് തന്നെയാണ് പ്രാണം പ്രാണൻ തന്നെയാണ് മനസ്സ് ആധ്യാത്മിക പ്രാണനെ കുറിച്ചും ആധ്യാത്മിക മനസ്സിനെ കുറിച്ചും പറയുന്നതാണ് ഇവിടെ രണ്ട് ചോദ്യമാണ് ജ്യോതിസ് എന്താണ് മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ് പ്രാണനെ പ്രേരിപ്പിക്കുന്നത് രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ എന്തിനു രണ്ട് ചോദ്യം ഒരു ചോദ്യം മതിയല്ലോ അതിന് കാരണമുണ്ട് കാരണം ഇത് ഇതിന്റെ പ്രവർത്തന രണ്ടു തരത്തിലാണ് മനസ്സിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രകാശിപ്പിക്കുക പ്രാണന്റെ ജോലി എന്ന് പറയുന്ന സ്പന്ദനം ചലനം രണ്ടില പ്രത്യേകത അഗ്നി അഗ്നിയിൽ രണ്ട് ധർമ്മം നമ്മൾ കാണും ഒരു ദീപം പ്രകാശിക്കുമ്പോൾ അത് ജ്വലിക്കും ചെയ്യും ജ്വലനം എന്ന് പറയുന്നത് എന്റെ സ്പന്ദനം ദീപത്തെ നോക്കിയാൽ കാണാം അല്ല അതിന്റെ ചലനം എന്ന് വേണമെങ്കിലും പറയാം സൂര്യൻ ജ്വലിക്കുന്നു എന്ന് പറയുമ്പോ അത് പ്രകാശിക്കുന്നു മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്നു അസമയത അവിടെ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് എന്റെ സഞ്ചാരം അതാണ് എന്റെ സ്പന്ദനം എന്ന് പറയുന്നത് ഈ സ്പന്ദനം പ്രാണന്റെ പ്രവൃത്തിയാണ് പ്രകാശനം അല്ലെങ്കിൽ പ്രകാശിപ്പിക്കൽ മനസ്സിന്റെ പ്രവൃത്തിയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രാണിനെയും മനസ്സിനെയും േർതിരിക്കാൻ വയ്യാറ് ദീപത്തിൽ നിന്ന് നമുക്ക് അതിന്റെ പ്രകാശത്തെയും അതിന്റെ സ്പന്ദനത്തെയും വേർതിരിക്കാൻ പറ്റും അത് വേർതിരിച്ചെടുക്കാൻ നമുക്ക് അഭേദ്യമായിരിക്കും അത് ആ ദീപത്തിന്റെ തന്നെ സ്വഭാവമാണ് അതിന് പ്രകാശമുണ്ട് ചൂട് ഉഷ്ണം ചലനമുണ്ട് ഇതെല്ലാം ഇതിന്റെ സ്വരൂപമായിരിക്കുന്നു അതുപോലെ തന്നെ മനസ്സിന്റെ സ്വരൂപമായിരിക്കുന്നു പ്രാണൻ മനസ്സിലെങ്ങനെയാണോ പ്രാണൻ മനസ്സിനോട് ചേർന്നിരിക്കുന്നത് പ്രാണൻ മനസ് പ്രകാശത്തെ പോലെയാണ് പ്രകാശം പ്രകാശിപ്പിക്കുന്നു സൂര്യൻ പ്രകാശിപ്പിക്കുന്നു അതുപോലെ മനസ്സ് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെ അത് പ്രകാശിപ്പിക്കുന്നു മനസ്സ് തൊന്മാത്രാരൂപത്തിലുള്ളതാണ് എന്നാലും പറഞ്ഞു അതിൽ മാറ്റം വരും തൊന്മാത്രാരൂപത്തിലിരിക്കുന്ന മനസ്സ് നമുക്ക് പ്രത്യക്ഷമല്ല പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള മനസ്സ് നമുക്ക് പ്രത്യക്ഷ ഒരു മിശ്രീകരണം ആ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഒരു രൂപാന്തര സംഭവിക്കുന്നു അപ്പം മനസ്സ് തന്നെ തന്മാത്ര രൂപത്തിലുള്ള മനസ്സ് തന്നെ കുറച്ചുകൂടി സ്ഥൂലതയെ പ്രാപിക്കുന്നു അത് വിഷയസംബന്ധത്തിന് വേണ്ടിയിട്ടാണ് വിഷയങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അത് കൂടുതൽ സ്ഥൂലമാവും വിഷയങ്ങളോളം സ്ഥൂലമാകത്തില്ല പക്ഷെ അത് കൂടുതൽ സ്ഥൂലമാവും അതേ സ്ഥൂലത പ്രാണന് സംഭവിക്കും പ്രാണനും മനസ്സ് സ്ഥൂലമാവും അവിടെ നമുക്ക് പ്രാണനും മനസ്സും പ്രത്യക്ഷമാവും നമുക്ക് രണ്ടും പ്രത്യക്ഷമാവും മനസ്സ് പ്രത്യക്ഷമാകുന്നെങ്ങനെ അറിവിന്റെ രൂപത്തിൽ എല്ലാത്തിനെയും അറിയുന്നു ആരെയും മനസ്സാണ് മനസ്സ് തന്നെ വിഷയിയായും വിഷയമായും നിൽക്കുന്നു അറിയുന്നവനായും അറിവിന്റെ വിഷയമായും മനസ്സ് തന്നെ നിൽക്കുന്നു മനസ്സ് തന്നെ മനസ്സിനെ മനസ്സിൽ അറിവ് മാറി മാറി വരുന്നു ഒരറിവിൽ മനസ്സ് നിൽക്കുന്നില്ല മനസ്സിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതിന് അദ്വൈതികളുടെ സാങ്കേതിക ഭാഷയിൽ പറയുന്ന വൃത്തി മനസ്സിന്റെ മാറ്റം അല്ലെങ്കിൽ അതിനാണ് വൃത്തിയെന്ന് പറയുന്നത് വൃത്തി എന്ന് പറയുന്നത് എന്റെ അർത്ഥം മലയാളത്തിലെ വൃത്തിയല്ല ശുചിത്വമല്ല വൃത്തി എന്ന് പറഞ്ഞു നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന വൃത്തി ശുചിത്വം അതല്ല അതിന്റെ പരിണാമം ഞാൻ പ്രത്യേക എടുത്തു പറയാൻ കാരണം ഒരു സ്ഥലത്ത് ഞാൻ ഒരാളോട് മനസ്സിന്റെ വൃത്തി എന്ന് പറഞ്ഞപ്പോ ഒരാള് പെട്ടെന്ന് എന്നോട് ചോദിച്ചു മനസ്സെങ്ങനെ വൃത്തിയുള്ളതാകുന്നു അത് മലിനമാണല്ലോ വൃത്തി അതിന്റെ പരിണാമം മാറ്റം ആ പരിണാമം മാറ്റം മാറ്റം എന്ന് പറയുന്നത് എന്താണ് അത് പ്രകാശിപ്പിക്കൽ എന്ന് പറയുന്ന അതിന്റെ ധർമ്മത്തിൽ നിന്നും വേരറ്റ ഒന്നാണ് പ്രകാശിപ്പിക്കുക എന്ന് വെച്ചാൽ വസ്തുക്കളെ അറിയുക മനസ്സുകൊണ്ടറിയുക പക്ഷെ അത് മാറിക്കൊണ്ടിരിക്കുന്നു മാറുക എന്ന് പറയുന്നത് എന്താണ് അത് സ്പന്ദനമാണ് പരിണാമം സ്പന്ദനം ചലനം വൃത്തി ഇത് പ്രാണധർമ്മമാണ് എവിടെ സ്പന്ദനമുണ്ടോ അവിടെ പ്രാണനുണ്ട് അത് സ്ഥൂല ഭൂതങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളതിനെ പറയും എനർജി ഊർജം എന്ന് പറയും അതുകൊണ്ട് രണ്ടും നമ്മളുടെ ബന്ധം മനസ്സിൽ അത് നിക്കുമ്പോൾ അത് പ്രാണന്താണ് എന്തുകൊണ്ട് അത് തന്മാത്ര തലത്തിലുള്ളതാണ് തന്മാത്രകളുടെ മിശീകരണത്തിൽ സംഭവിക്കുന്നതാണ് മനസ്സ് പ്രകാശരൂപത്തിലേ ഇരിക്കുന്നു വിഷയങ്ങളങ്ങനെയല്ല അത് കഠിനമായി തമ്മോ രൂപത്തിലിരിക്കുന്നു അതുകൊണ്ടാണ് മനസ്സ് വേണ്ടിവരുന്നതിനെ പ്രകാശിപ്പിക്കുക രൂപം സ്വയം പ്രകാശിക്കുന്നില്ല രസം പ്രകാശിക്കുന്നില്ല ബന്ധം പ്രകാശിക്കുന്നില്ല പക്ഷെ മനസ്സതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നുണ്ട് മനസ്സവിടെ വേണ്ടിവരുന്നു എന്തുകൊണ്ട് ഇത് രണ്ടും രണ്ട് രൂപത്തിലായി പോയി രൂപരസഗന്ധങ്ങൾ ബാഹ്യമായി സ്ഥൂള രൂപത്തിലായി അതിന് പ്രകാശിക്കാൻ കഴിയില്ല മനസ്സങ്ങനെയല്ല ജീവത്തെ പോലെ അത് പ്രകാശിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്തു എന്തുകൊണ്ടത് സൂക്ഷ്മമായതും തന്മാത്രാ തലത്തിലുള്ളതും ഉണ്ട് പക്ഷെ അത് കേവല തന്മാത്രയല്ല എന്തുകൊണ്ടതിൽ ഒരു മിശ്രീകരണം കൂടിച്ചേരൽ സംഭവിച്ചു ശബ്ദസ്പർശ രൂപരസഗന്ധ തന്മാത്രകളെല്ലാം അവിടെ കൂടി കലർന്നിരിക്കുന്നു അത് അങ്ങനെ കൂടി കലർന്നതുകൊണ്ട് തന്നെ ബാഹ്യമായ സ്ഥൂലമായ ശബ്ദസ്പർശ രൂപരസന്ധങ്ങള് ഭൂതങ്ങളെ അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയും മനസ്സ് ശബ്ദാത്മകമായതുകൊണ്ട് അതിന് ശബ്ദത്തെ പ്രകാശിപ്പിക്കും അത് രൂപാത്മകമായതുകൊണ്ട് രൂപത്തെ പ്രകാശിപ്പിക്കും രസാത്മകമായത് രസത്തെ പ്രകാശിപ്പിക്കും ന്ധാത്മകമായത് ബന്ധത്തെ പ്രകാശിക്കും പക്ഷെ ഈ ഒന്നിനും ഇതിന് സ്ഥിരമായി നീക്കാൻ പറ്റുന്നില്ല നമ്മൾ പറയും മനസ്സ് മാറിപ്പോകുന്നു മനസ്സ് ചരിക്കുന്നു മനസ്സെല്ലാത്തിനെയും അറിയുന്നു അല്ലെങ്കിൽ നമ്മൾ പറയും അറിവും മാറിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റം അല്ലെങ്കിൽ ഈ സ്പന്ദനം അത് പ്രാണധർമ്മമാണ് അങ്ങനെയാണ് പ്രാണനെന്ന് അതാണ് പ്രാണൻ നമ്മൾ അറിയുന്നത് മനസ്സിൽ നിന്ന് വേർപ്പെടുത്താൻ വയ്യാതെ നമ്മൾ പ്രാണന അറിയുന്നു അപ്പൊ മനസ്സ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രാണനും അതിനോടൊപ്പമുണ്ട് പ്രാണനും അല്ലെങ്കിൽ പ്രാണധർമ്മം അതും അതിനോടൊപ്പമുണ്ട് എന്തുകൊണ്ടാണ് ഇത് രണ്ടു ഒന്നെന്ന് കാരണം ഇത് രണ്ടു ഒന്ന് തന്നെയാണ് തന്മാത്ര അതതിന്റെ സാത്വിക ഭാവത്തിൽ പ്രകാശിക്കുമ്പോൾ രാജസ്വഭാവത്തിൽ സ്പന്ദിക്കും അതുകൊണ്ടാണ് ഈ തന്മാത്രകളുടെ സമഷ്ടി സാത്വിക ഭാവമാണ് മനസ്സെന്നും സമഷ്ടി രാജസ്വഭാവമാണ് പ്രാണനെന്നും പറയും ഇതെല്ലാം ഈ വിശേഷതകളെല്ലാം വരുന്നത് ഈ സ്ഥൂലബന്ധം അതിന് വരുന്നുകൊണ്ടാണ് അത് വീണ്ടും അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടോ വൈദ്യുതി പ്രകാശമായും ചലനമായും മാറുന്നു ഒരേ ഒരു അത് ബാഹ്യമായ ഊർജം അത് ബൾബിലേക്ക് വരുമ്പോൾ അത് പ്രകാശമായി മാറും ഫാനിന് വരുമ്പോൾ അത് ചലനമായും മാറും അങ്ങനെ പലതായും മാറും ഒന്ന് തന്നെ ഊർജത്തിന്റെ രൂപാന്തരം സംഭവിക്കും അതുപോലെ തന്നെ ഒരേ തന്മാത്രകൾ തന്നെ മനസ്സായി മാറുന്നു പ്രാണനായി മാറുന്നു അത് കഴിഞ്ഞ് അത് കൂടുതൽ സ്ഥൂലഭാവത്തെ പ്രാപിച്ച് ബാഹ്യമായ തൂകരസഗന്ധ വിഷയങ്ങൾ അങ്ങനെ മാറുന്നു ആ ബാഹ്യമായിരിക്കുന്ന സ്ഥൂല വിഷയങ്ങളോട് ഇതിന് സംബന്ധം വരുമ്പോൾ മനസ്സും ആപേക്ഷികമായി സ്ഥൂലതയെ പ്രാപിക്കും അങ്ങനെ പ്രാപിക്കുമ്പോൾ നമ്മൾ മനസ്സിനെ അറിയും മനസ്സിനെ അറിയുന്നു മനസ്സിനറിയാത്തരും മനസ്സിന്റെ മാറ്റത്തെ ചലനത്തെ അറിയാത്തരും ഇനി അതേ മനസ്സ് ആ പ്രാണനും ഈ ശരീരത്തോട് ബന്ധപ്പെടുമ്പോൾ അത് ഊർജമായി മാറും കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണും അതിന് മനസ്സ് വേണം പറയുന്നത് മനസ്സ് കണ്ണിലൂടെ പുറത്തേക്ക് വരുന്നു എന്നാണ് അങ്ങനെ പറയുന്നതിനും തെറ്റില്ല എന്തുകൊണ്ട് മനസ്സ് വ്യാപകമാണ് വ്യാപകമായിരിക്കുന്ന മനസ്സിന് എവിടെയും പോകാം അസൂക്ഷ്മവുമാണ് വ്യാപകവും സൂക്ഷ്മമായിരിക്കുന്നതിന് വ്യാപകമാകാൻ പറ്റും അപ്പൊ അത് പുറത്തു പോകുന്നു അകത്തേക്ക് പോകുന്നോ എന്ത് പറഞ്ഞാലും ശരി അങ്ങനെ പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ ഈ ഗോളകം ബാഹ്യമായ ചക്ഷവിടെ വേണം കണ്ണു വേണം അതിലൂടെ അങ്ങ് വിഷയങ്ങളെ പ്രകാശിപ്പിക്കും അവിടെ സ്ഥൂല ശരീരത്തിൽ പ്രാണൻ പ്രവർത്തിച്ചാലേ അതൊക്കെ സംബോധിക്കും അപ്പോൾ പ്രാണൻ രൂപാന്തരം പ്രാപിക്കുന്നു ശരീരത്തിലേക്ക് വരും അത് ഊർജമായിട്ട് മാറുന്നു കണ്ണടയ്ക്കുന്നു തുറക്കുന്നു ഇതൊക്കെ പ്രാണധർമ്മങ്ങൾ കർമ്മേന്ദ്രിയങ്ങളുടെ ഈ ഗോളകങ്ങളുടെയും എന്നുവെച്ചാൽ ഓരോ ഇന്ദ്രിയങ്ങളും സ്ഥിതി ഈ പ്രവർത്തനങ്ങളെല്ലാം സ്ഥൂലമായുള്ള പ്രവർത്തനങ്ങൾ കൈയിൻ്റെ ധർമ്മം കാലിന്റെ ധർമ്മം തുടങ്ങി പ്രവർത്തനങ്ങളെല്ലാം പ്രാണസ്പന്ദനത്തെ ആശ്രയിച്ചാണ് സ്ഥൂലമായി വരുമ്പോ അതും ഊർജസ്പന്ദനമായിട്ട് മാറും നമ്മുടെ സ്ഥൂല ശരീരത്തിന് മുഴുവൻ തലച്ചോറിലവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കോശങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഊർജസ്പന്ദനങ്ങൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ പ്രാണനും സ്ഥൂലബന്ധം വരുന്നോണ്ട് ഊർജസ്പന്ദനം സംഭവിക്കുന്നു മനസ്സിന് സ്ഥൂലബന്ധമുണ്ടാകുമ്പോൾ വിഷയഗ്രഹണം ഉണ്ടാവും പ്രകാശം ജ്ഞാനം ഉണ്ടാവും പ്രാണന് ഈ സ്ഥൂലബന്ധം ഉണ്ടാകും ഊർജസ്പന്ദന സംഭവിക്കുന്നു അതാണ് ശരീരത്തിനും പറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് മനസ്സിന്റെയും പ്രാണന്റെയും പ്രവർത്തനങ്ങൾ അഭേദമായിട്ടുള്ള പ്രവർത്തനം ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതാണ് ചോദിച്ചത് അത് സൂക്ഷ്മമായി ചിന്തിച്ചിട്ടാണ് ചോദിക്കുന്നത് ഇവിടെ സമാനം പറഞ്ഞു നിന്നും സ്വയം സംഭവിക്കുന്ന അല്ല സ്വയം സംഭവിക്കാൻ സാധ്യമ ഒന്നിൽ ഒരിക്കലും സ്വയം ഒരു മാറ്റം സംഭവിക്കത്തില്ല ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ബാഹ്യമായ എന്തെങ്കിലും നിമിത്തം ഉണ്ടായാലേ പറ്റും നിപ്രപഞ്ചത്തിൽ ഒന്നിലും അങ്ങനെ സംഭവിക്കത്തില്ല ഒരു നിമിത്തം കൂടാതെ മാറ്റം സംഭവിക്കത്തില്ല നിമിത്തം എന്ന് പറയുമ്പോൾ ബാഹ്യമായി വരണം പുറമേ നിന്ന് വരണം നിമിത്തം കൂടാതെ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇതാവില്ലാതെ പുത്രൻ ഉണ്ടാകണം അങ്ങനെയല്ല സംഭവിക്കുന്നു ബാഹ്യമായ നിമിത്തങ്ങളിലൂടെ മാറ്റം സംഭവിക്കത്തുള്ളൂ മനസ്സ് സതമാറിക്കൊണ്ടിരിക്കുന്നു അതാണ് അറിവ് മാറി മാറി വരുന്നത് പ്രാണനം മാറിക്കൊണ്ടിരിക്കുന്നു അതാണ് മനസ്സിന്റെ ചലനം നമ്മളറിയുന്നത് ആ മാറ്റം നമ്മളറിയുന്നു ഈ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ എന്റെ പിന്നിൽ മറ്റെന്തോ ഉണ്ടായിരിക്കണം അതാണ് മാറ്റം സംഭവിക്കുന്നതിന് പിന്നിൽ മറ്റൊന്നുണ്ടായിരിക്കും അത് മാറ്റമുള്ളതാണോ മാറ്റം ഇല്ലാത്തതാണോന്നുള്ള രണ്ടാമത്തെ വിഷയം സാറിന് എന്താണോ മാറുന്നതിനെ ആശ്രയിച്ച് മറ്റ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും പിതാവും നശിക്കുന്നതാണ് പുത്രനും നശിക്കുന്നതാണ് കുലാലനും നശിക്കുന്നതാണ് ഘടവും നശിക്കുന്നതാണ് അങ്ങനെ മാറ്റം പരസ്പരം ആശ്രിതമായിട്ടാണ് സംഭവിക്കുന്നത് എല്ലാത്തിനും മാറ്റം പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൗതികവാദം അവിടെയാണ് പറയുന്നത് പരസ്പരം വൈരുദ്ധ്യങ്ങളെ ആശ്രയിച്ച് വൈരുദ്ധ്യം നിലനിൽക്കുന്നു ഒന്നിനും സ്ഥായി ഭാവമില്ല അത് ശരിയാണ് ഭൗതികത്തെ സംബന്ധിച്ചത് ശരിയാണ് മാറ്റങ്ങൾ പരസ്പരം നിൽക്കുന്നു സർവം ആപേക്ഷികമാണ് ഒന്നിനെ ആശ്രയിച്ച് മറ്റൊന്ന് നിൽക്കുന്നു മനസ്സിലും പ്രാണനൊക്കെ നമ്മൾ കാണുന്ന പരസ്പര ആപേക്ഷികമായി അത് നില്ക്കുന്നുണ്ട് അത്രയും ഇവിടെ ചോദിക്കുന്ന ജിജ്ഞാസവിനും മനസ്സിലായി ഇവിടെ ചോദിക്കുന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ഈ മാറ്റങ്ങൾക്കെല്ലാം ആശയമായി ഉണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം എന്താണ് അത് മാറുന്നതാണോ മാറാത്തതാണോ രണ്ടാമത്തെ ചോദ്യം അത് മനസ്സിച്ച് കൊണ്ടാണ് ഇവിടെ ശ്രുതിയിൽ സമാധാനം പറയുന്നതും ഭാഷകാരൻ അതിനെ വ്യാഖ്യാനിക്കുന്നതും ഖേനപ്രാണോയുക്തരിച്ചിരി സ്വവ്യാപാരം പ്രാണവ്യാപാരങ്ങൾ ആരുടെ പ്രേരണ കൊണ്ടാണ് പ്രേരണ എന്ന് പറഞ്ഞാൽ ഇവിടെ സാന്നിധ്യം ഒന്നാണ് അല്ലാതെ പ്രേരണ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ വ്യാപാരമാണ് പ്രേരണ മനസ്സാണ് പ്രേരിപ്പിക്കുന്നത് പറഞ്ഞുണ്ടോ മനസ്സിനെ പ്രേരിപ്പിക്കാൻ മനസ്സ് മാത്രം മതിയോ അതിന് പറയും അനവസ്ഥ ദോഷം മനസ്സിനെ മനസ്സ് പ്രേരിപ്പിക്കുന്നു പറഞ്ഞാ പ്രേരിപ്പിക്കുന്ന മനസ്സിനെ പ്രേരിപ്പിക്കുന്നു പ്രേരണയ്ക്ക് ഒരു തുടക്കമില്ലാതെ വരും പ്രേരണ എന്ന് പറയുന്നത് സംഭവിക്കാറുണ്ട് അപ്പോരണയുടെ അർത്ഥം എന്താണ് സാന്നിധ്യം കാന്തത്തിന്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് ചലിക്കുന്നു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് ചൈതന്യവത്തായി പ്രവർത്തിക്കുന്നു ചൈതന്യത്തിൽ നിന്നും ചൈതന്യത്തെ സ്വീകരിച്ചുകൊണ്ട് ്രഹ്മസാന്നിധ്യത്തിൽ മൂലപ്രകൃതി ചൈതന്യവത്താവും ചൈതന്യവത്താവുമ്പോൾ അത് പ്രകാശിക്കും മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കും അത് സ്പന്ദിക്കും മറ്റുള്ളതിനെ സ്പന്ദിപ്പിക്കും അപ്പം ആ സാന്നിധ്യവിശേഷം ഭാഷകാരൻ പറയും അതാണ് ഇവിടുത്തെ പ്രേരണ മനസ്സിന്റെ പ്രേരണയല്ല പിന്നെന്താണ് ആ സാന്നിധ്യം എന്ന് പറയുന്നത് പറയുന്നത് ആ ചൈതന്യത്തിന്റെ സ്വഭാവം തന്നെ എന്താണ് അഗ്നിയുടെ പ്രകാശം എന്ന് പറയുന്നത് അത് അഗ്നിയുടെ സ്വഭാവം തന്നെ അല്ലെങ്കിൽ അത് അഗ്നി തന്നെ എന്ന് പറയും അതുപോലെ ഒരു ചൈതന്യ സാന്നിധ്യം ഉണ്ട് മനസ്സിനെയും പ്രാണന്മാരെയെല്ലാം പ്രവർത്തിപ്പിക്കാം അതാത് വിഷയങ്ങളിലേക്ക് അതെന്താണ് എന്നാണ് ചോദിക്കുന്നത് പ്രഥമ ഇത് പ്രാണവിശേഷണം തത്പൂർവകത്വ സർവേന്ദ്രിയ വൃത്തിയിലാണ് എല്ലാ ഇന്ദ്രിയ വൃത്തികളും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ എന്ന് പറയുന്നത് ഞാനേന്ദ്രിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്ന അറിവ് ശ്രവണേന്ദ്രിയുണ്ടാകുന്ന ശബ്ദജ്ഞാനം ചക്ഷിരേന്ദ്രിയത്തിലൂടെ ഉണ്ടാകുന്ന രൂപജ്ഞാനം രസനേന്ദ്രിയത്തിലൂടെ ഉണ്ടാകുന്ന രസജ്ഞാനം ഇങ്ങനെ അതാണ് ഇന്ദ്രിയ പ്രവൃത്തികൾ ആ ജ്ഞാനം ഫലം എന്നും അദ്വൈതികൾ പറയും ആ ജ്ഞാനം അതുപോലെ കർമ്മേന്ദ്രിയങ്ങളെ സംബന്ധിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ കൈ ചലിക്കുന്നു കാലു ചലിക്കുന്നു വാഗേന്ദ്രിയം അത് ചലിക്കുന്നു ഈ സ്പന്ദനങ്ങൾ ഇന്ദ്രിയ അത് സ്ഥൂലമായി അനുഭവപ്പെടുന്ന ഇവ ഇത് ഇതിനെല്ലാം പ്രേരകമായിരിക്കുന്നത് എന്താണോ പ്രഥമ പ്രേരകൻ അത് പ്രാണനാണ് പ്രാണന്റെ പിന്നിലാണോ ചെയ്തത് പ്രാണന് ജീവൻ കൊടുക്കുന്നതാണ് ആ ചൈതിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ചലിക്കാൻ കഴിയില്ല പ്രാണൻ മനസ്സിനും അതുതന്നെ ജീവൻ കൊടുക്കുന്നു അല്ലെങ്കിൽ മനസ്സ് പ്രകാശരൂപത്തിലിരിക്കത്തില്ല ആ ജീവൻ കൊടുത്താലേ മനസ്സിൽ പ്രകാശ രൂപത്തിലിരിക്കാൻ പ്രാണന് സ്പന്ദിക്കാൻ പറ്റും അതിൽ ഇതിൽ മുഖ്യമായിരിക്കുന്നു ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മനസ്സിനിച്ചത് കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും അപേക്ഷിച്ച് മുഖ്യമായിരിക്കുന്നത് പ്രാണൻ പ്രാണനെ അപേക്ഷിച്ച് മുഖ്യമായിരിക്കുന്നത് മനസ്സ് രണ്ടും അഭേദമായിരിക്കുന്നെങ്കിൽ മനസ്സിനാണ് പ്രാധാന്യം എന്തുകൊണ്ട് മനസ് ആണ് പ്രകാശിപ്പിക്കുന്നത് പ്രാണൻ സ്പന്ദിക്കുന്നെയോ നമ്മൾ നമ്മുടെ അറിവെന്ന് പറയുന്നു മനസ്സിന്റെ പ്രകാശമാണ് സ്പന്ദനോ അതിന്റെ മാറ്റം മാത്രമേ ആവുള്ളൂ അറിവുണ്ടായിട്ട് വേണമല്ലോ മാറാം അപ്പം മുഖ്യമായി വരുന്നത് ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും എല്ലാം അപേക്ഷിച്ച് മനസ്സാണ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മുഖ്യം പ്രാണൻ തന്നെയാണ് അല്ലെങ്കിൽ അവയ്ക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് പറഞ്ഞു പ്രഥമ പ്രാണ ഇനി പ്രാണവിശേഷം പ്രഥമപ്രാണ ഇന്ദ്രിയങ്ങളെ ഒന്നും ഗ്രഹിക്കരുത് തത്പൂർവകത്വ സർവ്വേന്ദ്രിയ വൃത്തിയാണ് സർവ്വ പ്രവൃത്തികളും പ്രാണപൂർവകമാണ് അങ്ങനെ മുഖ്യനായിരിക്കുന്ന ഈ പ്രാണൻ അന്ന് പ്രാണസംവാദം സ്ഥിതിയിൽ പലയിടത്തും പറഞ്ഞു പ്രാണന്റെ പ്രാധാന്യത്തെ എടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടിവിടെ എടുത്തു പറഞ്ഞു അത് പ്രഥമമാണ് പ്രാണൻ ഇല്ലാതെ മനസ്സ് പ്രവർത്തിക്കൂ ചെല്ലി പ്രാണനുള്ളത് കൊണ്ടല്ലേ പ്രാണൻ ഉള്ളതുവരെ അല്ലേ മനസ്സ് പ്രവർത്തിക്കുന്നു അത് എന്താണോ പ്രാണന്റെ ഈ സ്ഥൂലശരീയുടെ ബന്ധം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രാണന്റെ സ്ഥൂലശരിയുടെ ബന്ധമുള്ള അതിനാണ് ജീവിച്ചിരിക്കുന്നത് ജീവിതം അതാണോ പ്രാണന്റെ സ്ഥൂലശരീയുടെ ബന്ധമുള്ളപ്പോ സ്ഥൂല ശരീരത്തിലൂടെയുള്ള അതായത് ഇന്ദ്രിയങ്ങളിലൂടെ ആശ്രയിച്ചുള്ള മനസ്സിന്റെ പ്രവർത്തനം നടക്കുന്നു എന്നെയാണ് മനസ്സിന് പ്രവർത്തിക്കുന്നതിന് സ്ഥൂല ശരീര ബന്ധം വേണോന്നല്ല ഇല്ലാതെയും പ്രവർത്തിക്കാം സ്വപ്നത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു സ്ഥൂലശരീയുടെ ബന്ധമില്ലാതെ തന്നെ മനസ്സ് പ്രവർത്തിക്കും അതുകൊണ്ടാണ് അവിടെ വേറെ ശരീരം സ്വീകരിക്കുന്നത് ആവുന്നു സ്ത്രീ പുരുഷനാകുന്നു അപ്പൊ അവിടെ ശരീര ബന്ധം അവിടുത്തെ ശരീരമാണ് ആശ്രയിച്ച് ഇതെല്ലാം പ്രവർത്തിക്കുമ്പോൾ പ്രാണന്റെ ആ സ്ഥൂല ശരീര ബന്ധം കൊണ്ടാണ് പറയുന്നത് പ്രാണൻ മുഖ്യമാണ് മുഖ്യമായിരിക്കുന്നത് പ്രാണനാണ് അറിവിനെ ബോധിപ്പിക്കാൻ പറ്റത്തില്ല അറിവാണ് പ്രാണിനെയും ബോധിപ്പിക്കുന്നത് പ്രാണസ്പന്ദനത്തെ ബോധിപ്പിക്കുന്നവരാണ് അറിവാണ് മനസ്സാണ് അതുകൊണ്ട് മുഖ്യം മനസ്സെന്ന് പറയുന്നു എന്നാൽ പ്രാണനും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് പറഞ്ഞു സർവഇന്ദ്രിയ വൃത്തികളിലും പ്രധാനമായിരിക്കുന്നു ഇനി ഇന്ദ്രിയങ്ങളിലേക്ക് വരുന്നു ആദ്യം മനസ്സേറ്റവും പ്രധാനമായത് അതുകഴിഞ്ഞു പ്രാണൻ അത് കഴിഞ്ഞ് ഇന്ദ്രിയങ്ങളിലേക്ക് വരുന്നു കേന ഇഷിതാം വാചം ഇമാം ശബ്ദലക്ഷണം വസന്തി ലോകികാഹ ലൗകികന്മാര് സർവരും ശബ്ദരക്ഷണം വാക് ശബ്ദരൂപത്തിലുള്ള ഈ വാക്ക് വാക്ക് ശബ്ദാത്മകമാണ് ശബ്ദമെല്ലാം വാക്കല്ല പിടിവെട്ടുന്ന ശബ്ദം അത് വാക്കല്ല പക്ഷെ വാഗ് ഇന്ദ്രിയത്തിന് മാത്രമേ ശബ്ദത്തെ ഉണ്ടാക്കാൻ പറ്റൂ പ്രപഞ്ചത്തിൽ ശബ്ദം എങ്ങനെയുണ്ടാകും അതിനു പ്രത്യേകം പറഞ്ഞ എന്താണ് വാഗിന്ദ്രിയത്തിലൂടെ ഉണ്ടാകുന്ന ഈ ശബ്ദം ശബ്ദാത്മകം എല്ലാ ശബ്ദമല്ല അത് വാഗിന്ദ്രിയത്തിന്റെ ഒരു പ്രത്യേകതയാണ് വാഗിന്ദ്രിയം ഭജിക്കുന്നു ശബ്ദത്തെ ഉണ്ടാക്കുന്നു ശ്രവണേന്ദ്രിയം അതിനെ ഗ്രഹിക്കുന്നു ഇനി ഈ രണ്ട് ഇന്ദ്രിയങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് ചക്ഷേന്ദ്രിയ രൂപത്തെ ഉണ്ടാക്കുന്നില്ല ഗ്രഹിക്കുന്നതോ തുകേന്ദ്രിയം സ്പർശത്തെ ഉണ്ടാക്കുന്നില്ല ഗ്രഹിക്കുന്നോ രസനേന്ദ്രിയം ബാഹ്യമായ രസത്തെ ഗ്രഹിക്കുന്നു പക്ഷെ വാഗേന്ദ്രിയത്തിന് മാത്രമൊരു വിശേഷതയുണ്ട് വാഗേന്ദ്രിയ ശബ്ദത്തെ സൃഷ്ടിക്കുമ്പോൾ ശ്രവണേന്ദ്രിയവും ഉടൻ തന്നെ അതിനടുത്തിരുന്നതിനെ ഗ്രഹിക്കുകയും ചെയ്യും ഒന്ന് കർമ്മേന്ദ്രിയവും മറ്റൊന്ന് ജ്ഞാനേന്ദ്രിയും ഒരു കർമ്മേന്ദ്രിയത്തിന്റെ പ്രവൃത്തിയെ വേറൊരു ജ്ഞാനേന്ദ്രിയം ഗ്രഹിക്കുന്നു ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ ഒരു പ്രവർത്തനം ഇന്ദ്രേ ഉള്ളൂ അതുകൊണ്ട് മറ്റേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് വാക്കിനൊരു പ്രത്യേകത പറയും സവിശേഷ സാന്നിധ്യത്തിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർവ്വസാമാന്യമായിരിക്കും ലൗകിക എന്ന് പറഞ്ഞതാണ് ഇത്രയും കാര്യം എല്ലാവർക്കും അറിയാം ചിന്തിക്കാത്തവനും ശ്രമണേ ശ്രമിക്കുന്നു ഇതെല്ലാം എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നവനും ലൗകികം തന്നെ ലൗകികമെന്നും ഭൗതികമെന്നും പറയുന്ന ഒന്ന് തന്നെ ഇത് ലോകത്തെ സംബന്ധിച്ച കാര്യങ്ങളാണല്ലോ ഇതിന്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു ബുദ്ധിയുള്ളവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ജിജ്ഞാസയുള്ളവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നു പക്ഷെ ഇവിടെ ചോദ്യം അതല്ല അതിന്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു അതിന്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് സംശയങ്ങളെല്ലാം തീരുന്നില്ല ഇവിടെ ചോദിക്കുന്നത് കേന അതിന്റെ സർവ്വ പ്രവർത്തനങ്ങൾക്കും ഹേതുവായിരിക്കുന്നത് എന്താണ് അതാണ് അടുത്ത ചോദ്യമാണ് അവിടെയും വ്യത്യാസമുണ്ട് ഭൗതികവും ആധ്യാത്മിക ഭൗതികശാസ്ത്രം നമ്മൾ പഠിക്കുന്നതാണ് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു ഇതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാ നമ്മുടെ ചിന്തകളെല്ലാം അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചായിരിക്കും ഇവിടെ ആത്മീയശാസ്ത്രത്തിൽ അങ്ങനെയല്ല ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഭാഷകാരം പറയും ഇതിൽ നിന്നും അസംഹദനായി അങ്ങനെ ഒരു ചോദിക്കുമ്പോൾ അത് ആത്മീയമായി ഭൌതിക ചിന്തയിൽ അവിടെ എത്തത്തില്ല അത് ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കും എന്താണോ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു ഇതിന്റെ പ്രവർത്തനങ്ങളുടെ സവിശേഷതകളാണ് ഇതിന്റെ ചോദ്യവും ഇതിന്റെ സമാധാനവും എന്നാൽ ഇതിൽ തന്നെ കിട്ടും അതാണ് ഭൗതിക ജോലി അതുകൊണ്ട് അവരെന്തെയും അതിന് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ പഠിക്കും ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിനെ പഠിക്കും പല കണ്ടെത്തലുകളും അവിടെ എത്തിച്ചേരും മനസ്സിലാവും ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഭൗതികമായ അത് ആവശ്യമാണ് അങ്ങനെയാണ് കാരണം അത് അവസാനമില്ലാത്തൊരു പഠനമാണ് അന്തിമമായ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയത്തില്ല ഈ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നു ഇതിലുള്ള രാസപ്രവർത്തനങ്ങൾ ഇന്നതാണ് ഒന്ന് അവസാനമായി ഒരിക്കലും എത്തിച്ചേരാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് എത്തിച്ചേരാൻ പറ്റാത്തത് കാരണം മനസ്സ് വ്യാപകമായി അന്ധകരണം വ്യാപകമാണ് അതിലുണ്ടാകുന്ന അറിവും വ്യാപകമായിരിക്കും അനന്തമായിരിക്കും അതിനവസാനം ഉണ്ടാകട്ടെ അന്ധകരണത്തിന്റെ ഒരു സവിശേഷതയാണ് ഇത് പഠിച്ചു തീരാനാകത്തിന് സാമാന്യമായി ഗ്രഹിച്ചിട്ട് അതിന്റെ പ്രവർത്തനങ്ങളെ സാമാന്യമായി ഗ്രഹിച്ചിട്ടാണ് ഇതിൽ നിന്നും അസംഹതമായ ഇതിനോട് ബന്ധപ്പെടാത്ത എന്തെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ ഉള്ളിലേക്ക് പോകും അവിടെ ബാഹ്യമായ പരീക്ഷണ നിരീക്ഷണങ്ങളെല്ലാം അവസാനിപ്പിക്കും അവസാനിച്ചാലേ പറ്റും ഭാഷകാരം എന്ന് പറഞ്ഞെന്താണോ ഈ സംഘാതത്തിൽ നിന്നും വിരക്തനായവൻ ഇതിന് മതി വന്നവൻ എന്ന ഭൗതികത്തിൽ മതി വന്നാലേ ആത്മീയത്തിലേക്ക് ശരിക്കും തിരിയാൻ പറ്റും മനസ്സിൽ തന്നെ മുഴുകിയിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഇതിന്റെ പിന്നിൻ്റെ തൊട്ട് എങ്ങനെ തിരിയും എങ്ങനെ അന്വേഷിക്കാൻ പറ്റും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവാന്ന് ശ്രദ്ധ സംബന്ധമാണ് മനസ്സിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ പഠനത്തിൽ തന്നെ മനസ്സ് നിൽക്കുകയാണെങ്കിൽ മനസ്സിലെങ്ങനെ എങ്ങനെ പിൻവാങ്ങാൻ പറ്റും മനസ്സിൽ തന്നെ മുഴുകിയിരിക്കും മനസ്സിതിനെ സംബന്ധിച്ചുള്ള അനന്തമായ അറിവുകളിൽ മുഴുകിയിരിക്കും അപ്പൊ ഇതിൽ നിന്ന് വിലക്കി വന്നേ പറ്റൂ അപ്പൊ ബാഹ്യമായ നിരീക്ഷണങ്ങളെല്ലാം ുന്നു അവനുണ്ടാവുന്ന തിരിച്ചറിവ് എന്താണോ ഈ പഠനങ്ങൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ കുറിച്ച് കണ്ണിനെ കുറിച്ച് പഠിക്കുന്നു മൂക്കിനെ കുറിച്ച് പഠിക്കുന്നു അതിലെല്ലാം നമ്മൾ സ്പെഷ്യലിസ്റ്റാകും ഇതാരായി പഠിക്കുന്നത് ഇവിടെയാണ് ഇതിനെക്കുറിച്ച് ഉള്ള അറിവുണ്ടാകുന്നത് ഈ പഠനത്തിന് പ്രയോജനമുണ്ടെന്നല്ല അതിനെല്ലാം ഭൗതികമായ പ്രയോജനമുണ്ട് ഭൗതികമായ തരത്തിൽ തന്നെ സാർത്ഥകമാണ് അത് വേണ്ടെന്നല്ല പറയും ഭൗതികമായ തരത്തിൽ നിന്നെല്ലാം ആവശ്യമുണ്ട് അതിൽ വിരക്തി സർവർക്കും ഉണ്ടാവണോന്നല്ല പറയുന്നത് പക്ഷേ ജിജ്ഞാസ ഇതിന് ഉപേക്ഷിച്ചിട്ട് വേറെ ഭാഗത്തേക്ക് മാറുന്ന ഒരു ഘട്ടം അപ്പം അവൻ ചിന്തിക്കുന്ന എന്താണ് എവിടെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള അറിവുണ്ടായത് ആരാണ് പഠിക്കുന്നത് ഈ പരീക്ഷണ നിരീക്ഷണങ്ങൾ അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആരാണ് എവിടെയാണ് ഈ നിഗമനങ്ങൾ സംഭവിക്കുന്നത് അത് മനസ്സില് അതൊക്കെ മനസ്സിലാ സംഭവിക്കുന്നു ഈ ഉപകരണങ്ങളെ ഉണ്ടാക്കിയതും മനസ്സാണ് അതിലൂടെയുള്ള നിഗമനങ്ങൾ എത്തിച്ചേരുന്നതും മനസ്സാണ് ഇവിടെ അതുവരെ എത്തി അപ്പൊ ഇതിനോടുള്ള താല്പര്യം വിട്ടു അന്തമില്ലാത്ത അനന്തമായ ഈ അറിവിന്റെ പിറകെ പോയിട്ട് മനസ്സിന് വിശ്രാന്തി ലഭിക്കത്തില്ല അതാ വിടുന്നത് പഠിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ മനസ്സിന് വിശ്രാന്തി വരുന്നു അവിടെ ഇന്നു പറഞ്ഞല്ലോ മനസ്സും പ്രാണനും കൂടി ചേർന്ന് അറിവും സ്പന്ദനവുമായിങ്ങനെ തുടർന്നുകൊണ്ടേ ശാന്തി അറിവിലൂടെ ശാന്തി നേടാൻ സാധ്യമാണ് അറിവെന്ന് പറയുന്നൊരു ശ്രമമാണ് ശാന്തി അവിടെ സുഖവും ദുഃഖവും ഉണ്ടാവും പക്ഷെ വിശ്രാന്തി അങ്ങനെ വരുമ്പോ അതിനെ വിടുന്നു ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനസ്സിന്റെ അതിന്റെ പ്രവർത്തകൻ ആരാണ് അതിൽ നിന്നും അസംഹതനായിരിക്കുന്നവനാരാണ് എവിടെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൻ തന്നിലേക്ക് പോകുന്നതാണ് പഠനം പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്നും വിട്ടിട്ട് ധ്യാനമനന രൂപത്തിലാവുന്നു ആ തരത്തിലേക്ക് തിരിയുന്ന ഭാഗത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ധ്യാനമനനത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ വേണ്ട അതിന്റെ ആവശ്യമില്ല ഉപകരണങ്ങളും ആവശ്യമുണ്ട് അവിടെ ഒരേ ഒരു ഉപകരണം മാത്രം മനസ്സ് അത് മാത്രം കാരണം അവിടെ മനസ്സിന് മുന്നിലുള്ളതിനെ കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിന് മുന്നിലുള്ളതിനെ കുറിച്ച് അറിയണമെങ്കിൽ അവിടെ ഉപകരണങ്ങൾ വേണം പരീക്ഷണ നിരീക്ഷണങ്ങൾ വേണം മനസ്സിന് പിന്നിലുള്ളതിനെ കുറിച്ച് അറിയണമെങ്കിൽ പിന്നെ അവിടെ മനസ്സ് മാത്രം വേണം ധ്യാന മനന രൂപം മനസ്സ് വിഷയ ഗ്രഹണ രൂപത്തിലുള്ള മനസ്സ് പോരാ പരീക്ഷണ നിരീക്ഷണ രൂപത്തിലുള്ള മനസ്സ് പോരാ ധ്യാനമന രൂപത്തിലുള്ള മനസ്സ് ഇവിടെ മനസ്സിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് ജിജ്ഞാസ് അതുകൊണ്ടാണ് ഭാഷകാലം പറഞ്ഞത് ഇതിൽ നിന്നെല്ലാം വിരക്തനായവൻ വിരക്തി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നർത്ഥമാകും മനസ്സ് ഇതിൽ നിന്നെല്ലാം പിന്മാറി അത് ആന്തരികമായി സഞ്ചരിക്കുന്നു അന്തർമുഖമാകും അകമുഖമായി മാറും ധ്യാനമന രൂപത്തിൽ മനസ്സുമാറും അങ്ങനെ മനസ്സുമാറുമ്പോൾ ആ മനസ്സിന് ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണോ ഇതിനെല്ലാം ശക്തി വരുന്നത് അതേതാണോ എന്നുള്ള അന്വേഷണം വരുന്നു മനസ് അങ്ങനെ മനസ്സിനെ പിന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിനെയും പ്രത്യേകം എടുത്ത് ഓരോന്നിന്റെയും പ്രവർത്തനങ്ങളെ എടുത്ത് ചിന്തിക്കുന്നത് എല്ലാ അറിവുകളും എവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്തിനെക്കുറിച്ചുള്ള അറിവെന്നുള്ളതല്ല എന്തിനെക്കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ അത് ഭൗതികമാണ് ഇതിനെ ഇവിടെ നിലനിൽക്കുന്നു എന്ന് വരും വതാത്മീയമായി അങ്ങനെ ചിന്തിക്കുന്നവന് മനസ്സിലാകുന്നു എന്താണോ ഈ അറിവുകളെല്ലാം ഈ മനസ്സിന്റെ ഈ പഠനങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയല്ലോ ഈ ഇന്ദ്രിയങ്ങളിങ്ങനെയാണ് മനസ്സിങ്ങനെയാണ് പ്രാണൻ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഈ ഭൗതികമായ അറിവുകളെല്ലാം എവിടെ നിലനിൽക്കുന്നു ദർപ്പണത്തിലെ ദൃശ്യം എന്നതുപോലെ ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നു ഇതിൽ നിന്ന് മനസ്സ് ബാഹ്യമായിൽ നിന്ന് വിമുഖമായാൽ പിന്നെ മനസ്സിന് അനുഭവപ്പെടുന്നതാണ് ദർപ്പണത്തിലെ ദൃശ്യം പോലെ ഇത് മനസ്സ് കേവലമായി ഒരു സ്ഥലത്ത് നിലനിൽക്കുന്നു അതാണ് ധ്യാന മനനാത്മകമായിട്ടുള്ള അറിവെന്ന് പറയുന്നു ഇതിനെല്ലാം അദ്വൈതയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിന്റെ പ്രവർത്തനങ്ങൾക്കല്ല മനസ്സിന്റെ പ്രവർത്തനങ്ങളാണ് സർവമെന്ന് പറയുന്നത് സർവസാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം അതിനാണിതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റയടിക്ക് അങ്ങോട്ട് എത്താനൊക്കത്തില്ല അതുകൊണ്ട് പ്രാണനെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ഓരോ ഇന്ദ്രിയങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ട് അവിടേക്ക് പോകുന്നു മറ്റു വിഷയങ്ങളെ കുറിച്ചും ചിന്തിച്ചിട്ട് കാര്യമില്ല അതിനടുത്തു പറയുന്നത് തഥ ചക്ഷു ശ്രോത്രം ചേസിയ വിഷയേ പൗദേവോ ദ്യോതനാ യുനക്തി നിയുക്തി പ്രേരേതി നമ്മൾ ആദ്യമായി സ്ഥൂലമായ ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കും അതിൽ നിന്ന് നമ്മൾ അറിവ് സമ്പാദിക്കും ആ അറിവിലും നമ്മൾ തൃപ്തരാകത്തില്ല പിന്നെ അത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് പഠിക്കും ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പഠിക്കും അവിടെയൊന്നും തൃപ്തി വരത്തില്ല എന്തുകൊണ്ട് അവിടെയൊന്നും പിന്നിലേക്ക് പോകാനുള്ള വഴി അവിടെയൊന്നും അറിവവിടെ വിപുലമായി കൊണ്ടിരിക്കും അറിവ് വികസിച്ചുകൊണ്ടിരിക്കും അതിന് ശാന്തി വരുത്തുന്നു സാങ്കന്മാർ പറയുന്നു പ്രതിപ്രസവം തിരിച്ചുപോക്കാത് സംഭവിക്കത്തില്ല അത് ധ്യാനമനനങ്ങളിലൂടെ സംഭവിക്കും അപ്പോ ഈ ചോദ്യം അങ്ങനെ ഒരു ധ്യാനാത്മകമായൊരു ചോദ്യമാണ് ബുദ്ധിശൂന്യമല്ല അതുകൊണ്ട് അത് മനനാത്മകവുമാണ് ചോദ്യങ്ങളിൽ ചോദ്യം വരും അതിന് സമാധാനം കണ്ടെത്തുന്നു അതുകൊണ്ട് പറയുന്നു ചക്ഷു ശ്രോത്രം ചരിത്രേന്ദ്രിയും ഇതല്ല ഇത് ബാഹ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വിട്ടവനാണ് അവനെ പിന്നെ തന്റെ ഉള്ളിലേക്ക് കിടന്നു തന്നെ കുറിച്ച് പഠിക്കാൻ പറ്റും സൂക്ഷ്മത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും ചക്ഷുവും ശ്രോത്രവും എല്ലാം സൂക്ഷ്മമാണ് ഇവയെല്ലാം സ്വേഷിയ വിഷയം അതാതിന്റെ വിഷയങ്ങളിൽ ഏത് ദേവനാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത് പറഞ്ഞല്ലോ സമവേദത്തിന്റെ ഭാഗമാണ് സമവേദത്തിന്റെ ബ്രാഹ്മണ ഭാഗത്ത് വരുന്നതാണ് ഈ സമവേദം മുഴുവൻ ദേവന്മാരെ കുറിച്ചുള്ള ചർച്ച ഇന്ദ്രൻ ോമൻപൂനോടെ ഒരു ദേവനാണ് വളരെയധികം ദേവന്മാരെ സ്തുതിക്കുകയാണ് അതിന് സമേദെന്ന് വായിച്ചു നോക്കും സമയമുണ്ടെങ്കിൽ ഈ ദേവശബ്ദം എന്ന് പറയുന്നത് മുമ്പ് പലതവണ കടന്നു വന്നാണ് അതുകൊണ്ട് മുമ്പ് വന്ന ദേവന്മാരെയല്ലാം കൂടെ പറയുന്നു അതുകൊണ്ടാണ് ഭാഷ്യകാരൻ ദേവൻ എന്നുള്ളതിനോത പ്രകാശിപ്പിക്കുന്നവൻ എന്നുവെച്ചാൽ പ്രകാശിക്കുന്നവൻ എന്നർത്ഥം എന്തുകൊണ്ട് പ്രകാശിക്കുന്നവനെ പ്രകാശിപ്പിക്കാൻ പറ്റും അഗ്നി പ്രകാശിക്കുന്നതുകൊണ്ട് അതിനെ വസ്തുവിനെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഏതൊരു പ്രകാശമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ഓരോ ഇന്ദ്രിയങ്ങളും പ്രകാശിക്കുന്നുണ്ട് കണ്ണ് പ്രകാശിക്കുന്നതുകൊണ്ടാണ് രൂപത്തെ അറിയിക്കുന്നത് രസന പ്രകാശിക്കുന്നതുകൊണ്ടാണ് രസത്തെ അറിയുന്നത് മനസ്സ് പ്രകാശിക്കുന്നോണ്ട് ഇതിനെല്ലാത്തിനെയും അറിയിക്കുന്നുണ്ട് പക്ഷെ ഇവിടുത്തെ ജിജ്ഞാസു ഇതിന്റെ ഈ പ്രകാശത്തിൽ പ്രകാശനത്തിൽ തൃപ്തനല്ല ഇതിന്റെ പിന്നിൽ ഒരു പ്രകാശമുണ്ടോ ഇതിനെണ്ണം പ്രകാശിപ്പിക്കുന്ന പ്രകാശം അറിയാതെ ചോദിക്കുന്നതല്ല നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തോ പറഞ്ഞു എന്താണ് അജ്ഞേയമായ ഒന്നിനെ കുറിച്ച് ജിജ്ഞാസുണ്ടാകത്തില്ല ജ്ഞേയമായ ഒന്നിനെ ജിജ്ഞാസ കൊണ്ട് പ്രയോജനം ഇവിടെ ജിജ്ഞാസ എന്നതിനെ ആ പ്രകാശം തന്നെ ജിജ്ഞാസ ഉണ്ടാക്കുകയാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം പ്രകാശിപ്പിക്കുന്നു പ്രവർത്തിപ്പിക്കുന്ന ആ പ്രകാശം ആ പ്രകാശം തന്നെയാണ് ഈ ജിജ്ഞാസ ഉണ്ടാക്കുന്നത് അപ്പൊ അറിയാതെയുള്ള ജിജ്ഞാസയാണ് ഈ പ്രകാശത്തിന്റെ പിന്നിലൊരു പ്രകാശമുണ്ടോ എന്നു പറഞ്ഞല്ലോ മനസ്സിലാക്കാൻ ഏറ്റവും ലളിതവും അനായാസവുമായ രീതി ദൃഷ്ടാന്തം ദർപ്പണവും ദൃശ്യവുമാണ് അതിന് വളരെ സ്പഷ്ടമാണ് ദർപ്പണത്തിലെ ദൃശ്യം പോലെ പക്ഷെ ദർപ്പണത്തെയും ദൃശ്യത്തെയും കാണുന്നവനാല് എന്നാലത് വീണ്ടും മാറ്റക്കുഴപ്പത്തിലാണ് ദർപ്പണത്തിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൃശ്യത്തെ കാണും അതിനുവേണ്ടിട്ടാണ് അത് ദൃഷ്ടാന്തം പറയുന്നത് ദർപ്പണത്തെയും ദൃശ്യത്തെയും നോക്കി ആസ്വദിക്കാൻ വേണ്ടിയല്ല അതുകൊണ്ട് കാര്യം പ്രകാശിപ്പിക്കുന്നവൻ അങ്ങനെയാണ് ദർപ്പണം ദൃശ്യങ്ങളെ കാണിക്കുന്നുണ്ട് ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി അത് അനേകം പ്രതിബിംബങ്ങളെ കാണിക്കുന്നുണ്ട് ഈ പ്രതിബിംബങ്ങൾ എന്താണ് വാസ്തവ വാസ്തവത്തിൽ അത് ദർപ്പണത്തിൽ നിന്ന് വേറെയുണ്ട് ആ ദർപ്പണത്തിന്റെ പ്രകാശം തന്നെയാണത് പ്രകാശത്തിലാണ് നെള്ളത് നെല് പ്രകാശത്ത് നിന്ന് വേറിട്ടല്ല നമ്മൾ പ്രകാശത്തെ കാണുന്നത് തന്നെ നെളിനെയും കാണുന്നുണ്ട് അത് പ്രകാശത്തിൽ നിന്ന് അന്യമാണെങ്കിൽ എങ്ങനെ നമുക്കതിനെ കാണാൻ കഴിയും കാണുന്ന പ്രകാശത്തിൽ നിന്ന് അന്യമല്ല പ്രകാശത്തിലൂടെ കാണുന്ന ഒന്നും പ്രകാശത്തിനും തന്നെയാണ് അതുപോലെ ഈ ദർപ്പണത്തിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ പ്രകാശിപ്പിക്കുന്നവരാണ് ദ്യോതിനവാൻ ആ ദേവനാരാണ് ഈ ദർപ്പണം തന്നെ ഏതുവരെ ചിന്തിച്ചു പോകാം ജിജ്ഞാസ് ഏതുവരെ എത്താം സ്ഥൂല വിഷയങ്ങളെ വിട്ട് ഇന്ദ്രിയങ്ങളെ വിട്ട് പ്രാണനെ വിട്ട് മനസ്സിനെയും വിട്ടു അല്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ പ്രകാശിക്കുന്നത് ഏതാണ് ദേവൻ ഏതൊന്നിന്റെ സാന്നിധ്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് ദർപ്പണത്തിൽ ദൃശ്യങ്ങൾ ഉണ്ടാകുന്നത് ദർപ്പണം സൃഷ്ടിക്കുന്ന ദർപ്പണം അവിടെ എന്ത് ചെയ്യുന്നു അത് നിശ്ചലമായിരിക്കും അതിന് പ്രവർത്തനമൊന്നുമില്ല അത് പ്രവർത്തിക്കാതിരുന്നിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു അതാ ദർപ്പണത്തിലെ ദൃശ്യം എന്ന് ർപ്പണത്തിൽ ദൃശ്യങ്ങളെ സൃഷ്ടിക്കുന്നതായി നമ്മൾ ആരോപിക്കുകയാണ് വാസവത്തിൽ ദർപ്പണം നിശ്ചലമാണ് ഒരു സ്പന്ദനവും അവിടെ നടക്കുന്നുണ്ടോ ഒരു പ്രാണവ്യാപാരവും അവിടെ നടക്കുന്നുണ്ടല്ലോ അത് സ്വയം പ്രകാശരൂപത്തിലിരിക്കുന്നു അതുപോലെ ഈ ദേവൻ ഏതൊരു ദേവനാണ് ഏതോ ഒരു ദേവനുണ്ടെന്നറിയാം മനസ്സിന്റെ പ്രകാശത്തെയും പ്രകാശിപ്പിക്കുന്ന ഒന്നും മനസ്സിലത് അവസാനിക്കുന്നില്ല മനസ്സിന് പ്രകാശിക്കാതിരിക്കുന്ന സമയം നമുക്കല്ല ഗാഠനിദ്രയിൽ അവിടെ ഈ മനസ്സും പ്രകാശിക്കുന്നുണ്ട് പക്ഷേ ഈ ദർപ്പണം അവിടെയുണ്ട് ദൃശ്യങ്ങളില്ല ദൃശ്യങ്ങളില്ലാത്ത ദർപ്പണം അവിടെയുണ്ട് തന്റെ അസ്തിത്വത്തെ തനിക്ക് ഊഹിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ സ്മരിക്കാൻ കഴിയുന്നു അതുപോലെ ഈ ദേവന്റെ പ്രകാശം ഏത് ദേവനാണ് ആ ദേവന്റെ സ്വരൂപം എന്താണ് അവൻ എങ്ങനെയാണ് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത് അങ്ങനെ ആ ജിജ്ഞാസ അറിഞ്ഞുകൊണ്ട് അവിടെ എത്തി നിൽക്കുകയാണ് ആ ജിജ്ഞാസ ഉണർത്തിവിടുന്നത് ഈ ദേവന്റെ ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണോ അറിവാണ് ജ്ഞാസ ഒരു അറിവാണ് അറിവ് ഈ സർവാധാരമായിരിക്കുന്ന അറിവിൽ ഒരു സ്പന്ദനമാണ് സർവാധാരമായിരിക്കുന്ന ഈ ദർപ്പണത്തെ ആശ്രയിച്ചാണ് ഒരു സ്പന്ദനം ഉണ്ടാവുന്നത് ആ സ്പന്ദനങ്ങളെ പല രൂപത്തിലും നമ്മൾ പറയും സംശയ രൂപത്തിലുള്ള സ്പന്ദനം നിശ്ചയ രൂപത്തിലുള്ള സ്പന്ദനം സ്മൃതിരൂപത്തിലുള്ള സ്പന്ദനം സങ്കല്പരൂപത്തിലുള്ള പലതരത്തിൽ പറയും അത് ഏത് ദേവനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത്യന്തം അജ്ഞനായല്ല ചോദിക്കുന്നത് ചിന്തിച്ച് അതുവരെ എത്തി ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിവിന് പോരായ്മയെന്ന് പക്ഷെ അറിവിനപ്പുറം അനുഭൂതി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അനുഭൂതി എന്ന് പറയുന്നത് എന്ത് ഈ സംശയങ്ങളെല്ലാം ഒടുങ്ങുന്ന ഒരു സ്ഥലം സംശയങ്ങളിനി ഒരിക്കലും വരാത്ത രീതിയിൽ അവസാനിക്കുന്ന സ്ഥലം അതാണ് അനുഭൂതി എന്ന് പറയുന്നത് അതുവരെ സംശയങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിങ്ങനെ ഉണർന്നുകൊണ്ടേയില്ല പറഞ്ഞല്ലോ ചിദ്ന്റെ സർവ്വസംശയാഹാരം ഉപഭാഷകാരനും പറഞ്ഞു അപ്പോ ആ സർവ സംശയ നിവാരണം അത് എവിടെയാണോ സംഭവിക്കുന്നത് അതിനാണ് അനുഭൂതി എന്ന് പറയുന്നത് എല്ലാരും ഇങ്ങനെ ചോദിക്കേണ്ടി വരത്തില്ല എനിക്ക് അനുഭൂതിയുണ്ടോ എനിക്ക് അനുഭൂതിയുണ്ടായാൽ ഞാനെങ്ങനെ തിരിച്ചറിയും അങ്ങനെ ഒരു സംശയം ഒരിക്കലും ഉണ്ടാകത്തില്ല അത് സംശയങ്ങളുടെ ക്ഷയമാണ് അവസാനമാണ് അത് സംഭവിച്ചിട്ടില്ല എന്നാൽ അവിടേക്ക് എത്തി നിൽക്കുകയാണ് ആ സംശയം കൂടി നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ചോദ്യം ബാക്കിയെല്ലാം ചിന്തിച്ചു കഴിഞ്ഞു ബാക്കിയെല്ലാം എന്ന് പറയുമ്പോൾ ഭൗതികവും ആത്മീയം എല്ലാം ചിന്തിച്ചു എന്നിട്ട് ഈ ചോദ്യം ചോദിക്കുകയാണ് അതിനാണ് അടുത്ത് സമാധാനം പറയൂഹ ചുഷ ചക്ഷുഅതിമുച്ചധീരാ ഇങ്ങനെ ചോദിച്ച യോഗ്യനോട് ഞാൻ പറഞ്ഞത് ഇവിടെ ചോദ്യം ചോദിച്ചവൻ യോഗ്യത ഉള്ളവനാണോ അവൻ ഇതിനെ കുറിച്ച് അറിയാൻ അറിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് അജ്ഞയമായ ഒന്നിനെ കുറിച്ചല്ല ചോദിക്കുന്നത് അത് ധ്യാനാത്മകമായ ചോദ്യമാണ് ആ ചോദ്യം ഉള്ളിലേക്കാണ് ചോദിക്കുന്നത് പുറമേയല്ല നമ്മൾ നൂറ് ചോദ്യം പുറമേ ചോദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന സമാധാനങ്ങളെല്ലാം കൂട്ടിവയ്ക്കുക എന്നിരിക്കട്ടെ ചെറുകൂട്ടി വെക്കുകയാണ് ആ ഫലം ചെയ്യും ഉള്ളിലേക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഒരു സമാധാനം പുറമേക്ക് ചോദ്യം ചോദിക്കുന്നത് മനസ്സിന്റെ വിക്ഷേപമാണ് അതിലും വലിയ കാര്യമൊന്നും ആനയെ കൊണ്ട് നടക്കുന്നവൻ്റെ അടുത്ത് ഏത് ദരിദ്രനും ചോദിക്കും ആനയ്ക്ക് എന്ത് വിലയാകും ചിലവുള്ള ചോദ്യം എന്താ പറയുക അതുപോലെയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പുറമേ ചോദ്യം ചോദിക്കുന്നത് വെറുതെ ഇങ്ങനെ മനസ്സിന്റെ വിക്ഷേപണം എന്നുവെച്ചാൽ നിങ്ങളതിന്റെ വാക്യാർത്ഥത്തെടുക്കരുത് ചോദ്യം ചോദിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയും ചോദ്യം ചോദിക്കാം ഇവിടെ എന്താണ് ഗുരുവിനോട് ചോദിക്കുകയാണ് പക്ഷെ ചോദ്യം ബാഹ്യമല്ല ചോദ്യം ആന്തരികമാണ് ആന്തരികമായി ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിന്റെ വിക്ഷേപമല്ല മറിച്ച് മനസ്സിലൂടെ അന്തർമുഖമാവുകയാണ് ധ്യാനമനന രൂപത്തിലാവുകയാണ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ഉപനിഷത്ത് പഠിക്കുകയല്ല നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് ക്ലാസ്സിൽ പഠിക്കുക ക്ലാസ്സിൽ പഠിക്കുക നമ്മുടെ മനസ്സ് വിക്ഷിപ്തമാകുകയാണ് ഇത് ശ്രവണമാണ് മനനമാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സവിടെ അന്തർമുഖമാകുകയാണ് മനസ്സ് പിന്നിലേക്ക് തിരികയാണ് മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് പോയാൽ അത് പ്രപഞ്ചത്തിൽ എടുത്ത് മനസ്സിൽ എത്ര വിപുലമായി സഞ്ചരിച്ചാലും ശരി അത് സൂക്ഷ്മമായിട്ടായിരിക്കും സാധാരണ വിഡ്ഢികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് പഠിച്ചിട്ട് എന്ത് കിട്ടാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് ആ ചോദ്യം ശരിയാണ് കാരണം അവന് പഠനത്തെക്കുറിച്ച് മാത്രമേ അറിയാവൂ മനനത്തെക്കുറിച്ചും ചെറുമണത്തെക്കുറിച്ചും അവനറിയില്ല അവൻ കേട്ടിട്ടില്ല അവന് കുട്ടിക്കാലം മുതലേ പഠിപ്പിക്കുകയാണ് പ്ലേ സ്കൂള് പിന്നെ അത് പിന്നെ എൽ കെ യു കെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് ഇത്തിരി മണ്ഡലം മണ്ടന്മാർ പഠിപ്പിക്കുകയാണ് മണ്ടന്മാർ മണ്ടന്മാരെ അപ്പൊ അവന് പഠനത്തെക്കുറിച്ചറിയാം ശ്രവണത്തെക്കുറിച്ചും മലനത്തെക്കുറിച്ചും അറിയത്തില്ല അപ്പൊ അവൻ സത്സംഗ ശ്രവിച്ചാലും ഉപനിഷത്ത് ശ്രവിച്ചാലും ഗീത ശ്രവിച്ചാലും ഒക്കെ അവന് തോന്നുന്ന എന്താണ് പഠനമായിട്ടാ തോന്നുന്നു പഠിക്കുന്നതായിട്ടാ തോന്നുന്നു ശ്രവണവും മനനവുമായിട്ട് അവന് അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ലല്ലോ അതുവരെയും അവന്റെ മനസ്സ് വിക്ഷിപ്തമായു ജീവിതകാലം മുഴുവൻ അവൻ ഗീതയോ ഉപനിഷത്തോ ഒക്കെ എടുത്ത് വായിച്ചാലോ കേട്ടാലോ ഒക്കെ അവന്റെ മനസ്സ് കൂടുതൽ നിക്ഷിപ്തമാകും അവൻ ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല അതുകൊണ്ട് മണ്ടൻ സ്വന്തം അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം അവനെ സംബന്ധിച്ച് ഒന്ന് ഒന്ന് ചേട്ടും കാര്യമില്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടും വിശേഷിച്ച് പ്രയോജനമുണ്ട് നിങ്ങളാരും ധരിച്ചത് നിങ്ങളെ ഞാൻ മണ്ടന്മാരെന്ന് വിളിച്ചത് ചടകളും അങ്ങനെ വ്യാഖ്യാനിച്ചു കളയും അങ്ങനെയല്ല ഞാൻ പറയുന്നു നിങ്ങളെ മണ്ടന്മാരെന്ന് വിളിക്കുന്നത് ഞാൻ അതിബുദ്ധിമാനാകണം ഞാൻ നിങ്ങളെക്കാളും വലിയ മണ്ടനാണ് അതിനെ എനിക്കങ്ങനെ ആരും മണ്ടനെന്ന് വിളിക്കാൻ പറ്റില്ല അതല്ല ഉദ്ദേശിക്കുന്നു മനസ്സിനെ വിക്ഷിപ്തമാക്കുന്നതല്ല മനസ്സിനെ അന്തർമുഖമാക്കുന്നവണ്ണുണ്ടേ അന്തർമുഖമായവനെയാണ് ഇവിടെ പറയുന്നത് യോഗ്യൻ യോഗ്യായ ആഹാ ആ ശ്രവണ മനനങ്ങളിലൂടെയാണ് ആ യോഗ്യത നേടുന്നത് ചോദിക്കും പഠിച്ചിട്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല ഇതുവരെ പഠിച്ചുകൊണ്ടും പ്രയോജനമില്ല ഇനി പഠിച്ചാലും പ്രയോജനം പക്ഷെ ശ്രവണ മനനങ്ങൾക്ക് പ്രയോജനമുണ്ട് എന്താ ഇത്രയും കാലം ശ്രവിച്ചു മനനം ചെയ്തു എനിക്ക് പക്ഷെ മോക്ഷം കിട്ടിയില്ലല്ലോ അങ്ങനെ മോക്ഷത്തെ ആദ്യം ഗ്യാരന്റിണ്ടല്ല ഇവിടെ ശ്രവണവും മനനവും ഉപദേശിച്ചിരിക്കുന്നു അന്ന് ഗ്യാരണ്ടിയൊന്നും ചെയ്തിട്ടില്ല പിന്നെന്താ ഗ്യാരന്റിയുള്ളത് യോഗ്യത അതുണ്ടാവും യോഗ്യായ എന്ന് പറയുന്നതാണ് ശിറോണ മനനങ്ങളിലൂടെ യോഗ്യത നേടിയവൻ യോഗ്യതയുണ്ടാവും എന്താണ് അ യോഗ്യത എന്ന് പറയുന്നത് മനസ്സന്തർമുഖമാണ് അത് തന്നെ മനസ്സമുഖമായി തീരുന്നതാണ് യോഗ്യത ആ യോഗ്യതയുള്ളവൻ ഏവം പൃഷ്ഠപത യോഗ്യായ അവന്റെ ചോദ്യമാണിത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ചോദ്യം ആന്തരികമാണ് ബാഹ്യമായിട്ടല്ല ആന്തരികമാണെങ്കിൽ പിന്നെ ഗുരുവിനോട് എന്തിനു ചോദിക്കണോ ഇന്ന് അടുത്ത ചോദ്യം വരും ഗുരു ആന്തരികം തന്നെ ഫോട്ടോയിൽ കാണുന്നതല്ല ഗുരു ഗുരു ആന്തരികം തന്നെ ഗുരു ആത്മസ്വരൂപമാണ് സർവാന്തര്യാമിയാണ് എങ്കിൽ ഗുരു ആന്തരികമാണല്ലോ എങ്ങനെ ബാഹ്യമാകും ഗുരുവിനെ അങ്ങനെയല്ലേ കാണാൻ പറ്റും ഗുരുവിനെ സർവാന്തര്യാമിയായിട്ടല്ലേ അറിയും അങ്ങനെ ഗുരു ഭാഗ്യമാകുന്നെങ്കിൽ ബാഹ്യമായിരിക്കുന്നതല്ല എന്താണ് ലഘു ഗുരുവല്ല ഗുരുവിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് ലഘു ബാഹ്യമായി ഗുരുവിനെ കാണുന്നുണ്ടെങ്കിൽ ഗുരുവിനെ അല്ല കാണുന്നു ലഘുവിനെ അവിടെ ഗുരുത്വമല്ല ലഘുത്വത്തെ ഗുരുവിൽ ആരോപിക്കേണ്ടി അത് പരമാർത്ഥമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ചോദ്യം ആന്തരികമാണ് അത് ധ്യാനാത്മകമാണ് മനനാത്മകമാണ് അങ്ങനെയുള്ള ചോദ്യം ചോദിച്ച യോഗ്യായ യോഗ്യനോട് ആഹ ഗുരു അത്ര യോഗ്യത ഉള്ളവനെ അത് പറ്റും പെട്ടെന്നൊരാൾ ചോദിക്കും ഞാൻ ബാഹ്യമായ ഗുരുവിനെ കാണുന്നു ആരാധിക്കുന്നു പൂജിക്കുന്നു ചോദ്യം ചോദിക്കുന്നു ഇതൊക്കെ അസംബന്ധം എന്നാണോ പറയുന്നത് ഒരിക്കലും ഇവിടെ പറയുന്നത് ഒരു യോഗ്യതയെക്കുറിച്ച് പറയുക ഗുരുവൻ പ്രാപിക്കേണ്ടതായ ഒരു യോഗ്യതയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് ഭാഷ്യകാരൻ ആ ഒരു യോഗ്യതയിൽ അതുവരെ ബാഹ്യമായി കണ്ട് ആരാധിച്ചിരുന്ന ഗുരു ആന്തരികമായി മാറും എന്തായാലും ഗുരുവിന്റെ സാക്ഷാത്കാരം ആന്തരികമായി പറ്റും ബാഹ്യമായി പറ്റും അത് കഴിയാത്തിടത്തോളം കാലം ബാഹ്യമായ ആരാധനകളെല്ലാം നടന്നു അതിനാലും എതിരല്ല മുഖ്യം ഈ യോഗ്യതയാണ് അങ്ങനെയുള്ള യോഗ്യതയുള്ള ഗുരുവനോട് ഗുരു പറയുന്നു ആന്തരികമായി തന്നെ ഉദ്ദേശിക്കുന്നു ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആന്തരികമായി ചോദിച്ചാലും ആന്തരികമായി മറുപടി പറഞ്ഞാലേ ഗ്രഹിക്കാൻ പുറമേ പറ്റത്തില്ല എന്തുകൊണ്ട് ഒരാൾ ഗുരുവിനോട് ചോദിക്കേണ്ടതായി ഇരിക്കുന്നത് എന്താണ് ഇത് വായിച്ചാണ് ചോദിക്കാനും എളുപ്പമാണ് മറുപടി വരാനും എളുപ്പമാണ് എന്തുകൊണ്ട് രണ്ടും ബാഹ്യമാണ് ചോദ്യം ബാഹ്യമായ വിഷയത്തെ കുറിച്ചാണ് മറുപടിയും ബാഹ്യമായ വിഷയത്തെ കുറിച്ചാണ് ചോദിച്ചാലേ സംശയം തോന്നും ഉപദേശവും യഥാർത്ഥമായിരുന്നു പക്ഷെ ഇവിടെ വിഷയം അതല്ലല്ലോ ഇവിടുത്തെ വിഷയം എന്താണ് മനസ്സിനും അപ്പുറം ഉള്ളതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പൊ അത് പറയാൻ പറ്റും അതിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇത് വാച്ചാണ് ഇത് കണ്ണാടിയാണ് ഇത് പുസ്തകമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അടുത്ത് പറയും അത് വാക്കെത്താത്തതമാണ് മനസ്സെത്താത്തിനാണ് അടുത്ത് പറയും എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാൻ കഴിയാത്തതാണ് അതിനെ വാക്കുകൊണ്ട് ചോദിക്കുകയും വാക്കുകൊണ്ട് പറഞ്ഞുകൊടുക്കാനും ശ്രമിച്ചാൽ നടക്കും അപ്പൊ ചോദ്യവും ആന്തരികമാണ് സമാധാനവും ആന്തരികമാണ് കാരണം വിഷയം ആന്തരികമാണ് ബാക്കിയ ബാക്കി വിഷയങ്ങളെ നമുക്ക് ശബ്ദത്തിലൂടെ ചോദിക്കാം ശബ്ദത്തിലൂടെ മനസ്സിലാക്കാം ആന്തരികമായ വിഷയത്തെ സംബന്ധിച്ചത് സാധ്യമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് ആന്തരികമായി അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന വാക്കുകളും വിചിത്രമാണ് എന്താണ് ശ്രോത്രോത്രം അത് അർത്ഥമില്ലാത്ത ഒരു പ്രയോഗമാണ് ശ്രോത്രത്തിന്റെ ശ്രോത്രം എന്താണ് അർത്ഥമുള്ളത് അതിന്റെ വാക്യാർത്ഥത്തെടുത്ത് അർത്ഥമില്ല കണ്ണിന്റെ കണ്ണ് കണ്ണെന്താണെന്ന് നമുക്കറിയാം ഏതിനെയാണ് കണ്ണെന്ന് വിളിക്കുന്നതെന്ന് അറിയാം പിന്നെ അതിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആ കണ്ണെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ള വാച്ചാർത്ഥം എടുക്കുകയാണെങ്കിൽ അസംബന്ധമാണ് നമ്മുടെ ഈ കണ്ണ് ഇതുകൂടാതെ ഇനി ഒരു കണ്ണൂടെ അതില്ല അങ്ങനെ ഒന്നില്ല അതുകൊണ്ട് പ്രഥമദൃഷ്യ സമാധാനം അസംബന്ധമാണ് എന്നാൽ പരമാർത്ഥത്തിന് എന്താണ് മന ആദി കരണജാതോ സ്വവിഷയം ഇങ്ങനെ മനസ്സിലാക്കണം മന ആദിക്കരണജാത മനസ്സ് പ്രാണന്മാർ ഇന്ദ്രിയങ്ങള് ഇതെല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുക അതിനെയെല്ലാം കോവഹ സ്വവിഷയം പ്രതി പ്രേരയിത ഏതൊരു ദേവനാണോ ഏതൊരു പ്രകാശസ്വരൂപനാണോ അത്താതിന്റെ വിഷയങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് അതെങ്ങനെ പ്രേരിപ്പിക്കുന്നു ഇക്കാര്യം നീ മനസ്സിലാക്കൂ ആന്തരികമായി തന്നെ മനസ്സിലാക്കൂ അതെങ്ങനെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളെന്ന് സാറിന് പറയുന്ന മനസ്സിനാണ് ഉള്ളിന്റെ ഉള്ളിൽ അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ളിന്റെ ഉള്ളെന്ന് പറയുന്നത് നീ ചൈതന്യത്തെയാണ് അവിടെ ഇതെല്ലാം എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ശൃണു ശൃണോ അനേനം തോത്രം പൃഷ്ട ചക്ഷോ ശ്രോത്രം കബുദേവോ അതിനെങ്ങനെ അറിയാം ശ്രോത്രത്തിന്റെ ശ്രോത്രം ചെവിയുടെ ചെവി കണ്ണിന്റെ കണ്ണ് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും താല്പര്യത്തെ എടുത്താൽ ശ്രോത്രം ശബ്ദ ശ്രവണം പ്രതി കാരണം കാരണം ശബ്ദം ശ്രവിക്കുന്നതിന് കരണമായിരിക്കുന്നതാണ് ശ്രോത്രം അതിനെക്കുറിച്ച് ഈ ചോദിച്ച ശിഷ്യന് നല്ലവണ്ണം അറിയാം ശബ്ദ അഭിവ്യഞ്ജകം ശബ്ദത്തെ അഭിവ്യഞ്ജിപ്പിക്കുന്നത് വാസ്തവത്തിൽ ശ്രോത്ര ഇന്ദ്രിയം എന്ന് പറയുന്നത് കേവലം അഭിവ്യഞ്ജകം മാത്രമാണ് എന്ന് പറയുമ്പോൾ ഈ ശ്രോത്രേന്ദ്രിയം ഈ ശബ്ദജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും നിസ്സഹായനാണ് അതാണ് അഭിപ്രായം തോന്നുന്നു ശബ്ദജ്ഞാനത്തെ അത് സൃഷ്ടിക്കാനൊന്നും കഴിയില്ല ശബ്ദത്തെ ഉണ്ടാക്കുന്നതും ഇല്ല ശബ്ദം ജ്ഞാനത്തേതുണ്ടാക്കുന്നതുമില്ല എന്തുകൊണ്ടാണ് ജ്ഞാനത്തെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ജ്ഞാനം സ്വയം പ്രകാശിക്കുന്നു എന്നാലും പറയുന്ന എന്താണ് എനിക്ക് ശബ്ദത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി രൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി വെറുതെ പറഞ്ഞു പോവുകയാണ് വാസ്തവത്തിനങ്ങനെ സംഭവിക്കുന്നില്ല വിശേഷിച്ച ഞാനും ഉണ്ടാകുന്നുണ്ട് എന്നാലും എന്തുകൊണ്ടിങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു എന്താണ് ഈ അനുഭവം ഞാൻ ശബ്ദത്തെ അറിയുന്നു രൂപത്തെ അറിയുന്നു അതിനോട് പറയുന്ന അഭിവ്യഞ്ജനം അതൊരു പ്രകാശിപ്പിക്കലാണ് പ്രകാശിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അറിവിന്റെ പ്രകാശനം അങ്ങനെ കലത്തിനുള്ളിൽ മെഴുകേരി കത്തിച്ചു വെച്ചു എന്നിട്ട് പ്രകാശം കാണാൻ വേണ്ടി ആ കലത്തെ എടുത്തു മാറ്റി അതാണ് അഭിവ്യഞ്ജനം കൃതം എന്ന് പറയുന്നത് അഭിവ്യഞ്ജകം എന്ന് പറയുന്നത് നമ്മുടെ വ്യത്യാസമു നിങ്ങളൊരു മെഴുകേരി കൊളുത്തുകയാണെങ്കിൽ പറയാം നിങ്ങളവിടെ പ്രകാശത്തെ ഉണ്ടാക്കിയെന്ന് പറയും പക്ഷേ മെഴുകുതിരി കത്തിയിരുന്ന മെഴുകുതിരിയെ മൂടിയിരുന്ന മറ മാറ്റുകയാണെങ്കിൽ എന്ന് പറയും പ്രകാശത്തെ അഭിവ്യഞ്ജിപ്പിച്ചു എന്ന് പറയും അതിന് രണ്ടെന്നാണ് വ്യത്യാസം അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അറിവിനെ ഉണ്ടാക്കാൻ ഈ ഇന്ദ്രിയങ്ങൾക്കൊന്ന് ശേഷി എന്തുകൊണ്ട് അറിവ് ഒരിക്കലും കൃതമല്ല അതിപ്പോഴും വ്യഞ്ജകമാണ് മറ്റ് കർണങ്ങൾ അതിൻ്റെ വ്യഞ്ജകങ്ങളാണ് അത് വ്യങ്ക്യമാണെന്നുണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം എന്താ ചെയ്യുന്നത് ഈ മറയെ മാറ്റുന്നത് പോലെ ഒരു മറയെ അത് മാറ്റും തുച്ഛമായിരിക്കുന്ന ഒരു മറയാണ് ഈ അറിവിനെ മൂടിയിരിക്കുന്നത് അതിനെ മാറ്റുന്നത് അവിടെ അറിവ് പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ശബ്ദ അഭിവ്യഞ്ജകമാണ് ചെറുപ്പം ആ ഒരു അറിവിന് തടസ്സമായി നിന്ന് എന്തോ ഒന്നിനെ അത് മാറ്റി അതുകൊണ്ടാണ് പറയുന്ന അറിവ് പുറമേ നിന്നല്ല വരുന്നത് അറിവ് ഉള്ളിൽ നിന്നാ നമ്മുടെ അനുഭവം അങ്ങനെയാണ് അറിവ് ഉള്ളിലുണ്ടായിരുന്ന പാത്രത്തിലോ മേശയിലോ അറിവുണ്ടായെന്ന് ആർക്കും അനുഭവമില്ല അറിവ് എന്നിലുണ്ടായിരുന്നാണ് അറിവെന്നിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ബാഹ്യമായി പ്രവർത്തിക്കുന്ന ഇന്ദ്രിയം കൊണ്ട് ആവശ്യം തോന്നും അതെന്നിലല്ലേ ഉണ്ടായി ഉള്ളിലല്ലേ അറിവുണ്ടായി വസ്തുക്കൾ കുറമേ ആയിക്കൊള്ളട്ടെ അറിവ് ഉള്ളിലാണ് ഉണ്ടായത് വസ്തുക്കൾ ഇരിക്കുന്ന അറിവുണ്ടാകും പുസ്തകത്തിൽ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവ് മേശയിൽ േശയെക്കുറിച്ചുള്ള അറിവ് അങ്ങനെയെന്ന് സംഭവിക്കുന്നു ഉള്ളിലാണ് അറിവുണ്ടാവും സർവ്വ അറിവ് അവിടെ ഉണ്ടാവും അവിടെ എന്ത് സംഭവിക്കുന്നു അതിന് പ്രകാശിക്കുന്നതിന് എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു തടസ്സത്തെ മാറ്റി അത്രയോ സർവ്വ അറിവ് അങ്ങനെയാ മാറ്റുന്നു ഭൗതികമോ ആത്മീയമോ ആയിട്ട് നമ്മൾ ആർജിക്കുന്ന സർവ്വ അറിവുകളും സംഭവിക്കുന്നു അത് മാറ്റുന്നതിന് ഇവയ്ക്കെല്ലാം ഒരു പങ്കുണ്ട് ഇന്ദ്രിയങ്ങൾ മനസ്സിന് അതുകൊണ്ട് ഇതിനെയെല്ലാം എന്താ പറയുന്നത് ഇത് അഭിവ്യഞ്ജകമാണ് അവിടെ സംഭവിക്കുന്നത് അറിവിന്റെ സൃഷ്ടിയല്ല മറ്റ അറിവിന്റെ അഭിവ്യക്തിയാണ് വളരെ കരുതലിലൂടെയാണ് ഭാഷകാരൻ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിരിക്കും ഇതൊക്കെ ഭാവിയിൽ വായിക്കുന്നത് വിവരമുള്ളവരായിരിക്കും അങ്ങനെയായി പ്രയോഗിച്ചത് നമ്മൾ പറയുന്നു ഇത് ഓരോ കർണത്തിനോട് യോജിപ്പിക്കണം ഓരോ കർണങ്ങളും ശബ്ദ അഭിവ്യഞ്ജകമാണ് ശബ്ദത്തിന് ശ്രോത്രം ശ്രോത്രേന്ദ്രിയമാണ് പറയുന്നു അതിന്റെ ശ്രോത്രം ശബ്ദത്തെ കേൾക്കുന്ന അല്ല ചെവിയെ കേൾക്കുന്നത് സബ്ദത്തെ കേൾക്കുന്ന നമ്മൾ ചെവി എന്ന് പറയും അതിനെയും കേൾക്കുന്നത് അതിനെ നീ ചോദിച്ചത് അത് ശബ്ദത്തെ കേൾക്കുന്നതിന് ശ്രോത്രോ പേര് വന്നു അതുകൊണ്ട് അതിനെ കേൾക്കുന്നതിനും ആ പേര് തന്നെ കൊടുക്കും ശ്രോത്രം അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടുണ്ട് ശബ്ദത്തിനും സാക്ഷിയായിരിക്കുന്നത് ശബ്ദത്തെ ഗ്രഹിക്കുന്ന ശ്രോത്രേന്ദ്രിയത്തിനും സാക്ഷിയായിരിക്കുന്നത് അങ്ങനെ ഒന്നുണ്ട് എന്നാണ് അപ്പോ വാസ്തവത്തിൽ ശബ്ദമല്ല ശ്രവണേന്ദ്രിയല്ല ശബ്ദത്തെ പ്രകടമാക്കുന്നത് അതിന്റെ പിന്നിലുള്ള ആ ചൈതന്യമാണ് അതിനാണ് ഇവിടെ ശ്രോത്രം എന്ന് പറയുന്നത് അതുപോലെ ഓരോ ഇന്ത്യങ്ങളെ സംബന്ധിച്ചും സമാധാനം പറയുന്നതാണ് നീ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ കർണങ്ങളെല്ലാം മറിച്ച് ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ചൈതന്യമാണ് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് അതാണ് പരമാർത്ഥം അത് കൂടസ്ഥമാണ് നിത്യമാണ് അതാണ് സർവത്തെയും പ്രവർത്തിച്ചു പ്രവർത്തിപ്പിക്കുന്നത് അതിന്റെ സാന്നിധ്യത്തിലാണ് സർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊന്നും സ്വത പ്രവർത്തിക്കുന്നവയല്ല എന്ന് പറഞ്ഞവന് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിൽ നിന്നും കാരണത്തിലേക്ക് പരമകാരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടി ഗുരു ശ്രമിക്കുന്നതാണ് ഈ മറുപടി मनसो मनो यहाँ चक्षुतिधी प्रेत अस्म्लोकामती